ശ്ലോകം പന്ത സംബക്തിക സംഘംഭാഗവൻ അത സങ്കാസ്തമാ സേവാഭ്യയന്തോ തതശേയ തേ മഹി സൃജനെ സ്ഥിമാ പാടവസ്ഥേതൃ ശിവസേമർമാകൂട നന്ദ കുീകൃത് യുഷ്ടിര നമലസേവസ്ഥ സുഖോഷമൈഷ്പരമേശ്വര സൃതിച്ച മഹാരത് ഇഷ്ടമോ വിരാടസ് സത്യവിസപരാജിതൃപതോ യോഗതേ അസ്സമൃഥ സൗഭദ്രസ് മഹാകു സങ്കാദ്യഘക് പൃഥക് എന്നാൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറയുന്നതല്ല നാളെ പഴയ വാസ്കളുള്ളതാണ് വീണ്ടും വളരെ അനുഗ്രഹ സമയം കളയുകൊണ്ടുപോകുന്നതല്ല പിന്നെ ഇതിൻ്റെ രാമാനുജായ്മയുടെ ആശയം അത് അർത്ഥം പറയും ഞാൻ താഴെ വരുന്ന ഭാഗമാണ് അതിന് പ്രയോജനമുള്ളതാണെങ്കിൽ ഇനി ഞാനത് ചർച്ച ചെയ്തു വെറുതെ നമുക്കൊരു എന്തെങ്കിലും ഒരു പുതിയ അറിവുണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ വലിയ പ്രയോജനമാണ് വെറും വ്യാഖ്യാനങ്ങളെ പിന്തുടർന്നിട്ട കാര്യമില്ല പ്രയോജനമുണ്ട് സമയം തള്ളിവിടാനായിട്ട് മാത്രമാകാൻ പാടില്ല അതുകൊണ്ട് ഇതിൻ്റെ നമ്മളുടെ ഭാഷ അതിൻ്റെ അർത്ഥം പറയും അതിൻ്റെ താറോട്ട് ഞാൻ തൊക്കാലും പോകുന്നില്ല അതിന് വിശേഷമൊന്നും ഇല്ലാതെ ഇന്ന് വ്യാകരണ കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് ഒന്നും പറഞ്ഞിട്ട് തസ്യ വിഷാദമാലക്ഷ്യ ഭീഷ്മു തസ്യഹർഷം ജനയിലും തസ്യങ്ങൾ ദുര്യോധനല്ല വിഷാഖത്തെ കണ്ടിട്ട് ദർശിച്ചിട്ടുള്ള നിർ യുദ്ധമാണല്ലോ സ്വാഭാവികമായിട്ടും ഭീഷ്മൻ കരുതുന്നു എന്ന് പറഞ്ഞ പ്രയാസം ഉണ്ടാകും എല്ലാം നിൽക്കുന്നത് അർജുനനും മറ്റുമല്ലേ കൃഷ്ണനല്ലേ നിൽക്കുന്നത് അതെല്ലാം കണ്ടിട്ട് കാലക്ഷതെല്ലാം മനസ്സിലാക്കിയിട്ട് ഭീഷ്മീഷ്ണുവിന്റെയും തസ്യ പക്ഷം നിലയിലും തിരിയുന്ന ഒരു സന്തോഷത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സിംഹനാഥം സങ്കധമാനം ചെറുത്വ സിംഹനാഥം എന്ന് വെച്ചാൽ അലർച്ച യുദ്ധ സൈന്യങ്ങൾക്ക് ആവേശം ഉണ്ടാക്കാനും ഏതൊരു സൈന്യങ്ങൾക്ക് പേടിയുള്ളതാനും നല്ലൊന്നും പിന്നെ സംഘധുമാനം എല്ലാ കാര്യം ശങ്കുണ്ട് അത് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണോ എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി സംഘധുമാനം സംഘത്തിൻ്റെ മുഴക്കം ചങ്കവിളി ധുമാ സർക്കാർ രണ്ടും ചെയ്തിട്ട് അലറി സംഘവിളിച്ച് നടന്നു ീ നിശ്വംസിതം ഘോഷം ചാളേശ സേ പണവാനകോമുഖാകേരി തിരുമ്പറ വലിയ ചന്ദന കൊലയുടെ ഇതിൻ്റെ ശബ്ദങ്ങൾ കൊണ്ട് വിജയ അഭിസംസിനും കോഷം വിജയത്തെ ആശംസിക്കുന്നതായ സംസാ പല അർത്ഥങ്ങളും പ്രേക്ഷിക്കുന്നു സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപദേശിക്കുക എന്നുള്ള ഹിംസിക്കുക വിജയത്തെ ആശംസിക്കുന്നതായ ആഘോഷത്തെ കേട്ടിട്ട് ഈ ശബ്ദ കോലാഹാരത്തെ അക്കാരെ ആരും തതഹ് തംഘോഷമാക ഈ ശബ്ദം പോലെ കേട്ടിട്ട് സർവേശ്വരേശ്വര പാർത്ഥസാരഥി സർവീശ്വരന്മാർക്കും ഈശ്വരനായിരിക്കുന്നവര ബ്രഹ്മ ഇന്ദ്രൻ മഹേശ്വരൻ ഇവർക്കെല്ലാം ഈശ്വരനായിരിക്കുന്നവനായ പാർത്ഥസാരഥി വാർത്തന്റെ സാരഥിയായിരിക്കുന്ന ശ്രീകൃഷ്ണനും രഥി ആ രഥത്തിൽ രഥിയായി മുന്നിലിരിക്കുന്ന ഡ്രൈവറുടെ പിന്നിലിരിക്കുന്ന അനിരഥി പാണ്ലോക്യ വിജയ ഉപകരണഭൂതേ മഹാദിന്തോ പാണ്തനായ അർജുനന്റെ ത്രൈലോക്യ വിജയ കാരണബൂത മൂന്ന് ലോകങ്ങളെയും ജയിക്കുന്നതിന് കാരണമായിരിക്കുന്ന മഹദിസ്യന്ത രഥത്തിൽ ഇരുന്നു അല്ലെങ്കിൽ അന്നിരിക്കുകയാണ് ത്രൈലോക് തമ്മിലായിട്ടും മൂന്ന് ലോകങ്ങളെയും ഇതാണ് വിറപ്പിക്കുന്നത് ശ്രീമത് പാഞ്ചുതന്റെ ദേവതത്വം ശ്രീമത് പാഞ്ചുതല്യം ശ്രീകൃഷ്ണന്റെ ശബ്ദൻ അതുകൊണ്ടുതന്നെ ശ്രീമദ് പാഞ്ചുതല്യവും ദേവതത്വം എന്ന് പറയുന്നത് ദിവ്യമായ ശബ്ദങ്ങളെ ശരിയും uh, അവരൂതി <laughs> അപ്യനുനാദയം രണ്ടു തരത്തിലുള്ള പാഠമാണ് അത് കവിതൃജ് രസസംവാദി ഗതവിദ്യമ്യവ പ്രവൃത്തെ ഉരുമ്പെട്ടപ്പോഴൊന്നും തയ്യാറായി എന്തിനാ ആയുധപ്രയോഗത്തിന് തയ്യാറായപ്പോൾ ഭാവി ശസ്ത്രസമ്പാദന കേ ആയുധം പ്രയോഗിച്ചിട്ടല്ല അതിന് തയ്യാറും ഭാവിയിൽ ഉള്ള എന്താണ് ആ ശസ്ത്രപ്രയോഗത്തിന് ഏതോ അതിനുവേണ്ടി എന്തെങ്കിലും ധനനിക്യാന്ന് അതിനുവേണ്ടിയിട്ടാണ് മെല്ലിനെ ഉയരത്തിയത് വിഷീവേഴ്സും കഥാവാക്യം ഇതമാവേശിനോട് തഥാ അർജുനവാജ സേനയോർ മധ്യേം സാമ്യേച്ചാവീക്ഷേപം ജോലാമാൻ വസ്തുതയാ സഹയോഗം അസ്മജ്യമാനക്ഷേപം അത്ര സമാത ധാർത്തരാഷ്ട്രേ പ്രിയശിരേശിരോ മൃഗോദരാസ്വീയാൻ സ്വന്താ പൃഥ്ത് പൃഥക് പ്രധത്മധു അനന്തരം യുധിഷ്ടൃഗോദരാ ഭീമൻ തുടങ്ങിയവരും അവരവരുടെ ശബ്ദങ്ങളെ നമ്പളിച്ച് സഘോഷവും മുഴക്കം ശബ്ദം പ്രമുഖാന ദുര്യോധനം തുടങ്ങിയ സർവേഷത്രാണാം അവയുടെ പുത്രന്മാർ ദുര്യോധനം തുടങ്ങി നൂറ്റൊന്ന് പേരുടെയും ഭട്ടയായി ഭേദന മനസ്സുകൊണ്ട് തളർന്നുള്ള അതീവ നഷ്ടം ഗുരുണാം ബലം രാഷ്ട്രീയം ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോ ഇന്ന് തന്നെ ഗുരുണാം ബലം നഷ്ടം ദുർഖന്മാരെ സൈന്യം തുടങ്ങും എന്ന് കൗരവന്മാർ ചിന്തിച്ചു തൻ വിജയകാംക്ഷോ അത് അവരുടെ വിജയത്തെ ആഗ്രഹിക്കുന്നവനായ അച്ഛനാണല്ലോ സ്വാഭാവിക മക്കളുടെ വിജയത്തെ ആഗ്രഹിക്കും തദ്വിജയ അഭികാംക്ഷൻ പുത്തകന്മാരുടെ വിജയത്തെ ആഗ്രഹിക്കുന്നവനായ ദുരിതരാഷ്ട്രായ ദുരിതരാഷ്ട്രോട് സഞ്ചരിതം അഭ യൂത്സു അവസ്ഥാത്ത ദൃഷ്ടം പാണ്ഡിതനും ജ്ഞാനശക്തികളൈശ്വര്യ തീരുസാന്നിധ്യം സുസങ്കൽപകൃത ചതുഹൃദയ വിഭവലയലീതം ഋഷിരേശം പരാവരനിഖില ജന ആന്തരബാഹ്യകർണാന സാരനിയേമനെ അവസ്ഥതയസാരവസ്ഥ തദീക്ഷണക്ഷണേ സ്ഥല കഥം സ്ഥാപയോചയത് അതോ യുധിഷ്ഠിരന്റെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ യുദ്ധം അതിനുവേണ്ടി അവസ്ഥ തയ്യാറായിരിക്കുന്ന ദാത്തരാഷ്ട്ര കൗരവന്മാരെ ദുഷ്ടുവ് ഹനമാനനം ധ്വജ ലങ്കാലഹനവാനം ധ്വജമായി എന്നാർക്കാണ് അല്ലെങ്കിൽ അവിടെ പറയുന്നു കവിധ്വജ ഇവിടെ പറയുന്നുണ്ടല്ലോ കവിധ്വജൻ അർജുനന് പറയുന്നുള്ള കവിധ്വജൻ അത്യന്ത കവിത്വമാത്രം പ്രതിപന്നനാഗവന്മാരെ കവിധ്വജൻ ചില കുരങ്ങൻ കൊടിയുടെ കുടി ആയിട്ടുള്ളവൻ അത് നമ്മള് ഈ പടങ്ങളിലൊക്കെ കാണുന്നത് എന്താണ് കൊടി ഒരു കുരങ്ങിന്റെ പടം വരച്ച് വെച്ചിരിക്കുകയാണ് പാസ് ഔതി എങ്ങനെയുണ്ട് ആ പൊടി മരത്തിൽ കുരങ്ങൻ ലിരിക്കുകയല്ല പടം വരച്ച് ഒരു പടം വെച്ചിട്ട് ആ പുസ്തകത്ത് കൊടിയായി കെട്ടുകയല്ല നമ്മുടെ ദേശീയ പതാക പോലെ ഒരു ചക്രം വരച്ചിട്ട് അതിന് കൊടി അടയാളമാക്കുക അതുപോലെ തന്നെ അവിടെ ശരിക്കും അതിന്റെ മേളിൽ ആ കൊടിയുടെ മേളിൽ ആ കൊടിമരം അതിൽ ഈ കവിയിരിക്കുകയാണ് ഹനുമാൻ കവിധനെന്ന് പറയുന്നത് അതായത് കവിത്വ മാത്രം പ്രതിപന്നം കവി എന്ന് പറഞ്ഞാൽ കോരങ്ങൽ അപ്പൊ അതിൻ്റെ ഒരു ലഘുത്വ ബുദ്ധിയോന്നു ഒരു കോരങ്ങൾ എന്താ അതാണ് കവിത്വ മാത്രം പ്രതിപന്ന ലാഭമുണ്ട് ിത്വം എന്നുള്ളതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന രഹുത്വം നിവാരം അത് പരിഹരിക്കുന്നതാണ് സൗഗന്ധിക യാത്രായ ഹനുമത്വം വരം സൗഗന്ധിക യാത്രയിൽ സൗഗന്ധിക യാത്ര നടത്തിയ ഭീമൻ അതെല്ലാം പറ ഹനുമാൻ കൊടുത്ത വരമാണെന്ത് എന്താ പറയുന്നത് ആ സന്ദർഭം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് മഹാഭാരതത്തെ ഞാൻ ഈ മഹാഭാരത കുറേ വന്നപ്പോൾ എനിക്കെന്ന് വിചാരിക്കുന്നത് ഞാൻ മഹാഭാരത വ്യാഖ്യാനിക്കരുത് ഞാൻ മഹാഭാരത്തെ വ്യാഖ്യാനിക്കുക എന്താ മഹാഭാരതം എന്താണ് എഴുതി ചെയ്യുന്നത് അത് അതുപോലെ പറയുകയാണ് കാരണം നിങ്ങൾ കേട്ടിട്ടുള്ള മഹാഭാരതത്തിന്റെ വ്യാഖ്യാനം ഒറിജിനൽ മഹാഭാരതം കേട്ടിട്ടില്ല വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കത്ത നമ്മള് വായനാനുരോധികളാണെന്നുള്ള പ്രശസ്തമാണ് അതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് പറയാൻ ഇവര് എന്താണ് ചൂതുകളിൽ തോറ്റ് വ്യതിരീവാശ്രമത്തിനെത്തിച്ചേർന്ന് പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദികളെ കൂടി എത്തിച്ചേരുമ്പോഴാണ് കാട്ടിൽ പറന്ന് വന്ന് ആയിരം ദളങ്ങളുള്ള ഒരു പുഷ്പം അതിൻ്റെ പേരാണ് സൗകര്യം വളരെയധികം സുഗന്ധമുള്ള ഈ പറയുന്ന ആയിരം ദളൊന്നും ഇല്ലെങ്കിൽ അത്രയും സുഗന്ധമുള്ള ഒരു പുഷ്പമാണെങ്കിലും ബദരിയിൽ ആശ്രമത്തിൽ ബദരി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പുഷ്പം അവിടെ മഞ്ഞത് വിരിയുന്ന ഒരു പൂവാണ് നല്ല മഞ്ഞ കാലത്താണ് ഉണ്ടാവും മഞ്ഞളത്തിലുണ്ടാവും ഏ സൗഗന്ധ്യം എന്നാണ് അവർ പറയുന്നത് അസാധ്യമായ സുഗന്ധമാണ് അത് നല്ല സുഗന്ധമാണ് അതിനായി അത് മഹാഭാരത പറയുന്ന ആയിരം തളമുള്ള കമലമയുണ്ട് താമരയുണ്ട് അവരും അതിനാ പറയുന്നത് സ്ഥല കമലവും കരയിൽ ഉണ്ടാകുന്ന താമര എന്നാണ് അവിടെ അവര് പറയുന്നത് പഹാടി അപ്പൊ ആ പുഷ്പത്തെ കണ്ടുകൊണ്ടാണ് ഈ കഥയുണ്ടായത് കഥയാണ് കഥയ്ക്ക എന്തെങ്കിലും വേണം അപ്പൊ ആ പുഷ്പം കണ്ടപ്പോ ഇത് പാഞ്ചാലി ഭീമനോട് ആവശ്യപ്പെട്ടു പാഞ്ചാലി ആവശ്യപ്പെട്ട ഭീമൻ മരിച്ചാലും മുന്നും പിന്നും ആലോചിക്കാതെ ഭീമനെന്ത് ചെയ്തു ചാടി പുറപ്പെട്ടു അങ്ങനെ പോയി വഴിയിൽ ചെല്ലുമ്പോ അനുജൻ വരുന്ന കണ്ടിട്ട് ജ്യേഷ്ഠൻ വഴി കയറി കിടന്നമാരാണ് അനുജന മര്യാദ വഴി മാറാൻ പോയാൽ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ വയസ്സിനൊന്നും മാറാൻ പറ്റില്ല നീ വേണമെങ്കിൽ എന്റെ വാലെടുത്ത് വാങ്ങിച്ചിട്ട് നോക്കുന്നു വാലോക്കാതി പരാജയപ്പെട്ടു അവിടെ പറയുന്ന ഒരു കാര്യം പറയുന്ന ഒരു കാര്യമാണ് ഗീതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയും അപ്പോ അല്പയുന്നു നീ എന്റെ ചാടിക്കണമെന്ന് നോക്കും എനിക്ക് എഴുന്നേൽ കാലം പറയാ വയസ്സായി ആരാണെന്ന് മനസ്സിലാവുന്നില്ല അതാണ് ഭീമം ബ്രഹ്മനിർഗുണമാണ് ദീപം പറയുകയുള്ളൂ ഭീമനെ മഹാഭാരതത്തിൽ സാധാരണ എല്ലായിടത്തും അവതരിപ്പിക്കുന്ന ഒരു വിടുകായനായിട്ട് എടുത്തു ചാടി ഏത് കാര്യങ്ങളും മുൻപിൻ നോക്കാതെ എടുത്തുചാടുന്ന ഒരാളായി അങ്ങനെയൊക്കെയാണ് അവ ഏതൊരു കഥാപാത്രത്തെയും മഹാഭാരതത്തിലും എന്താണ് പല രീതി അവതരിപ്പിക്കും ഒരാൾക്ക് സ്ഥിരമായി ഒരു കൊണ്ടോന്നുമില്ല പല രീതികളായിരിക്കും ഇവിടെ ദൈവം പറയുന്നത് ബ്രഹ്മം നിർഗുണമാണ് ഞാനും കൊണ്ടാണ് അതറിയേണ്ടത് ജീവൻ ആയിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് അത് സർവ്യാധിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പൊ തന്റെ ഉമ്പിക്കിടക്കുന്ന ഒരു ജീവനല്ലേ അപ്പൊ ഇതിനെ മറികടക്കുന്ന എങ്ങനെയാണ് പാപമാണ് എന്തുകൊണ്ട് ബ്രഹ്മമല്ല വലിയൊരു ഇന്ന് നമ്മള് നാട്ടിൻ പുറത്തൊക്കെ പറയും നാട്ടിൻ പുറത്തേക്കാണ് ഒരാളെ മറികടക്കരുതെന്ന് പറയും ഇത് പറയാൻ കാരണമുണ്ടെന്ന് അറിയില്ല ഇപ്പം എന്റെ ഭീമം പറഞ്ഞു കാരണം ജീവൻ ബ്രഹ്മമാണ് കൊണ്ട് തന്നെ മറികടക്കരുത് നല്ല ആവശ്യമാണ് അനുരാഴുത്ത ഭീമോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയാണ് പറയുന്നത് ഭീമൻ വേദത്തിൽ നിന്ന് ആത്മതത്വം മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് അധികം നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് തന്നെ അല്ല ഞാൻ വ്യാഖ്യാനിക്കുന്ന അപ്പൊ അധികം നമുക്ക് എന്ത് മനസ്സിലാക്കാം നിങ്ങളെന്ത് മനസ്സിലാക്കാം അത് വായിച്ചൊക്കെ എനിക്ക് തോന്നിയത് നിങ്ങളെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പറയും അപ്പൊ എനിക്ക് തോന്നിയ കാര്യം ഞമ്മളെ ഇതെ വായിക്കുമ്പോ എനിക്ക് വലതു തോന്നും മാതാവ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയത് ഇത് കേട്ടോന്നെ ഞാൻ തോന്നി ഭീമൻ പറയുകയാണ് തെറ്റൊന്നുമില്ല എനിക്ക് തോന്നി അതല്ല അതായത് ഭീമന് ആത്മതത്വത്തെ അറിയാമായിരുന്നു തീർച്ചയായിട്ടും അത് വേദത്തിൽ നിന്നാണ് കിട്ടിയെങ്കിലും തീർച്ചയായും ഈത് ഉപദേശിക്കുന്ന അർജുൻ ഈ പറയുന്ന എല്ലാ തത്വങ്ങളും അറിയാമായിരുന്നു എന്തുകൊണ്ടത് ഇവർക്കൊരു ക്ലാസ്സിൽ ഇരുന്ന് ഇവർ വെറുവിൻ്റെ പഠിച്ചവരാണ് അപ്പൊ ഈ പറയുന്ന ആത്മതത്വം അർജുൻനെ സംബന്ധിച്ചിടത്തോളം പൊതുമയുള്ള കാര്യമല്ല കാരണം ഭീപനെ പലയിടത്തും മഹാകാലത്തിൽ എത്തിക്കുന്ന ഒരു മണ്ടനായിട്ടു അർജുനനെപ്പോഴും ചിത്രീകരിക്കുന്ന വലിയ ബുദ്ധിമാനായിട്ടാണ് മണ്ടനായ ഭീമം പോലും വേദാന്തം പറയുന്നുണ്ടെങ്കിൽ അർജുനന്റെ കയ്യിൽ എന്തുമാത്രം വേദാന്തം അർജുനൻ ഈ ആത്മസത്വം അറിയാമെന്നുള്ളത് തന്നെയാണ് ഈ മഹാകാല സന്ദർഭത്തിൽ മനസ്സിലാക്കാം ഇനി ഇത് പോരെങ്കിൽ അർജുനൻ ഇതിനു മുമ്പ് വരുന്ന പലയിടത്തും ഇതൊക്കെ പറയുന്നു ധർമ്മപുത്രും പറയുന്നുണ്ട് ആത്മാവിന്റെ കാര്യങ്ങളെന്താ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ് പക്ഷെ എന്താ പ്രശ്നമെന്താ പ്രായവും ജീവിതത്തിലേക്ക് ഇതൊക്കെ സീറോ ആയി പോകുന്നു അതാ പ്രശ്നം അന്നും ഇന്നും മനുഷ്യർക്ക് മനുഷ്യരിങ്ങനെയൊക്കെ തത്വങ്ങളെല്ലാം എല്ലാവർക്കും ജ്ഞാനം എന്താണെന്നും കർമ്മയോഗം എന്താണെന്നും ഭക്തിയാണെന്നും എല്ലാം അറിയാം പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോ എന്ത് ചെയ്യുന്നു ഇതൊക്കെ വിട്ടുപോകും കാരണം ഇത് അർജുനനും നേരത്തെ അറിയാമായിരുന്നു ശരി പിന്നെ ശ്രീകൃഷ്ണന് ഉപദേശിച്ചു ഉപദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ നോക്കുക എന്താ ഉപദേശിക്കുന്നത് ആത്മാവിന്റെ തത്വം ഇതാണോ പ്രവൃത്തി ചെയ്യുമ്പോൾ സമചിത്തതയോടുകൂടി ചെയ്യണം സമശസ്ത്രോജ വിത്രേജ അഥവാഭമാനയോഹോ എല്ലായിടും പറയുന്നത് എന്താണ് മനസ്സിന്റെ നിസ്സംഗതയും മനസ്സിന്റെ സമത്വം വ്യവഹാരങ്ങൾ ഇതിനാണ് കർമ്മയോഗങ്ങൾ എന്നാൽ ഏതു ഉപദേശം കേട്ട് അതിൻ്റെ ചൂടാരംഗം വേണമെങ്കിൽ തുറന്ന് യുദ്ധം അത് ഓർമ്മയിൽ നിന്നങ്ങോട്ട് മറയുന്നതിന് മുമ്പ് ഇതിനുള്ള യുദ്ധം ആരംഭിക്കുന്നു ഉടൻ പക്ഷേ ഈ യുദ്ധത്തിൽ അവസാനം ഒരു സ്ഥലത്തും ഈ ഗീത കേട്ടതിന്റെ യാതൊരു അടയാളവും അർജുന കാണിക്കുന്ന ഗീതയെ ഒരു ഗന്ധവും ഇല്ലാതെ ഇത ഒരു സമചിത്വതയും കാണിക്കുന്നില്ല അതൊന്നും എന്താണ് വ്യവഹാര പ്രവൃത്തിയിൽ വരുമ്പോൾ ഇതൊന്നും മനസ്സിൽ അർജുനന്റെ മനസ്സിലാണ് ഇതൊക്കെ കേട്ടിട്ട് അതവസാനം അർജുനൻ തുറന്ന് സമ്മതിക്കുന്നതുകൊണ്ട് അനുഗീല അപ്പോ അത് ഞാൻ കേട്ടു ആകെപ്പോയി എന്ത് സമയത്തുണ്ടായത് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ജീവിത വ്യവഹാരങ്ങളെന്ന് വരുമ്പോൾ തത്വബോധത്തിനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ് പിന്നെ ഇതെങ്ങനെ അർജുനനെ സഹായിച്ചു അത് പരോക്ഷമായിട്ട് ആ സഹായിച്ചെങ്ങനെ അങ്ങനെയാണ് പരോക്ഷമായിട്ട് സഹായിച്ചത് സ്വധർമ്മം ചെയ്യണം അതും അതാണ് ഗീതാവേഖന നഷ്ടോമോഹം സ്മൃതി ലബ്ധാത്വപ്രസാദയാ സ്ഥിതോസ് മാറി മാറി ഞാൻ ക്ഷത്രിയനാണ് എന്റെ കർമ്മം ചെയ്തു അത് മനസ്സിലായി പിന്നെ ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ദുഃഖം പരിഹരിച്ചു അങ്ങനെ ഇവരെല്ലാം കൊന്നാലും ഇവരാനിച്ചാകത്തില്ല എന്തുകൊണ്ട് ആത്മാവാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ അർജുനന് സഹായിച്ചിട്ടുള്ളൂ ഈ രണ്ട് കാര്യങ്ങളും അർജുനൻ നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാണ് കാരണം ഇത് അർജുനൻ തന്നെ പറയുന്നുണ്ട് പല മഹാകൾ പല സർവനർഭങ്ങൾ ആത്മാവിനെ സുഖാത്തമാണോ യുദ്ധം ക്ഷത്രിയൻ്റെ സ്വതർമ്മമാണെന്നൊക്കെ അർജുനന് അറിയാവുന്ന കാര്യമാണ് ഭീമം പറയുമ്പോഴേ ഭീമം പറയാൻ കഴിഞ്ഞാൽ അർജുനന് എന്താ പറയാ മൊത്തം മഹാഭാരത സന്ദേശം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വരുന്ന ചാദർവർണ്ണി മഹാഭാരതം വായിക്കും ബാലമംഗളത്തിൽ നിന്നല്ല ചാദർവർണ്ണി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വങ്ങളുള്ള മനുഷ്യനെ വിഭജിക്കുന്നു സ്ത്രീ സൂത്രന്മാരെ അടിച്ചമർത്തുന്ന ചാതർ പണ്യത്തെ നനനിർത്തുക മഹാഭാരതത്തിന്റെ നിർദ്ദേശം ഇത് പറയുമ്പോൾ ആരെങ്കിലും എന്റെ കഴുത്ത് നടക്കുന്നതിന് കോട്ടയങ്കിൽ അങ്ങനെ ഒരു കഴുത്ത് ന്മാരായ ആചാര്യന്മാരും അവർ അംഗീകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മുമ്പോട്ട് വരുന്നു ഇത് മനസ്സിലാവും ഇതിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും പ്രാമാണികന്മാരായ ആചാര്യന്മാരെല്ലാം അംഗീകരിക്കുന്നു പക്ഷെ ഇനിയോ വേദാന്തംസം പറയും ഒരു പുതിയൊരു വർഗം ഇറങ്ങിയിട്ടുണ്ട് അവരംഗീകരിക്കുന്നുണ്ട് പുതിയ കുറച്ച് ജീവികളുണ്ട് അല്ല അത് എല്ലാ കുഴപ്പമില്ല ഗീതയുടെ തത്വം പറയുന്നതിൽ ഒരു ദോഷം മഹാഭാരതത്തില്ല എന്നവനെ പറയും അവിടെയാണ് അല്ല ഇതിനകത്ത് തത്വം ഉണ്ട് ആത്മതത്വം ദീപം പോലും പറയും പിന്നെയാണോ തത്വം പറയുന്ന ഏ എങ്ങനെ അവസാനമല്ല ആദ്യം മുതലേ സ്വർഗത്തിന്റെ കാര്യമാണ് പറയും ആദ്യ പർവ്വന്മാരെ സ്വർഗക്കച്ചവടമാണ് സന്ദേശം ഇത് തന്നെയാണ് ചാദർ പോയി അത് വേണമെങ്കിൽ ഇവിടെ തന്നെ പറയാം ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഇവിടെ തന്നെ ഉദാഹരണമുണ്ട് അതായത് ഭീമൻ ഹനുമാനോട് പറയുന്ന എന്താണ് ഈ ആത്മാതത്വത്തെക്കുറിച്ച് അതുകൊണ്ട് ഞാൻ മറികടക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നവിടെ രാമായണകഥ മൂലവും പറയും ചുരുക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോ ഹനുമാൻ ഭീമനോട് പറയുന്നു അനിയ അന്നാ സമുദ്രം മറികടന്ന് ചാടിപ്പോയ ആ ഹനുമാൻ തന്നെയാണ് ഞാൻ അപ്പോ ഭീമൻ മനസ്സിലാക്കുന്നു തൻ്റെ ജ്യേഷ്ഠനായ ഒരു സഹോദരങ്ങളായി വായുപുത്രനായി വായു പുത്രന്മാർ അത് കഴിഞ്ഞിട്ട് ഹനുമാൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഭീമന്റെ ഒരാഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ ലങ്ക ചാടിക്കിടുന്ന ആ രൂപം ഭീമാകാരമായ രൂപമാണ് പർവ്വതം പോലെ അതെനിക്കൊന്ന് കണ്ടാൽത്തുള്ളൂ അതായത് ഭഗവാൻ എങ്ങനെയാണോ അറിയിക്കുന്ന വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ അപ്പോ ആദ്യം ഹനുമാനൊന്നും മടിക്കും എന്നിട്ട് പറയും ഇങ്ങനെ ഓരോരോ യുഗങ്ങളുടെ ഇടൊക്കെ വേറെ വേറെ യുഗങ്ങളെ കുറിച്ചൊക്കെ വന്നിരിക്കും അപ്പോ ഇപ്പൊ ഞാനിങ്ങനെയാണ് ഇരിക്കുന്നത് എനിക്ക് ആ രോഗമൊന്നും കാണിക്കാൻ പറ്റത്തില്ല അതുമാത്രം നീ എന്നോട് ചോദിക്കരുതെന്ന് അവസാനം അത് കാണിച്ചു കൊടുക്കും മുഴുവൻ കാണാൻ പറ്റാതെ ഭീമൻ കണ്ണടയിൽ അവിടെ ഭീമനുപദേശിക്കുന്നിടത്ത് പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഹനുമാൻ ഉപദേശിക്കുന്നതെന്നാണ് ചാതുർ വർണ്ണിയോട് അങ്ങനെ ഒരു ഉപദേശത്തിന്റെ യാതൊരു കാര്യവും അവിടെ ഇല്ല ഹനുമാൻ എന്ന് വെച്ചാൽ കഥാപാത്രത്തിലൂടെ ഹനുമാൻ ഭീമൻ എന്ന് പറഞ്ഞു അവരെല്ലാം തൂങ്ങിനിക്കൽ ഗ്രന്ഥകർത്താവ് ചെയ്യുന്ന എന്താണ് അതിന്റെ ഇടയ്ക്കുള്ളൂടി ചാതുർ വർണ്ണി പറയുന്നത് ബ്രാഹ്മണൻ കുറിച്ചതിൻ്റെതാണ് ഛത്രിനാണ് അവന്റെ കർമ്മം എന്നതാണ് എന്നും പറയേണ്ട കഴിഞ്ഞു അപ്പൊ ഏതൊക്കെ സന്ദർഭങ്ങൾ വരുന്ന ഒരു ഉപദേശ ദിവസം വരുമ്പോ അവിടേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ ചാതുപോണത്തെ കുത്തിത്തിരുകുന്നതായിട്ട് മഹാഭാരതത്തിലാണ് ഏതുപദേശത്തെടുത്താലും അത് ഗീത കേന്ദ്രമാണ് അപ്പൊ അതാണ് മഹാഭാരതത്തിന്റെ സന്ദേശം നിങ്ങൾ മഹാഭാരതം ശ്രദ്ധിച്ച് വായിച്ചാൽ അതിന്റെ വ്യാഖ്യാനം ഞാൻ പറയുന്നു അത് എഴുതിയിരിക്കുന്നതാണ് അങ്ങനെ അവിടെ ചാതുപർണ്ണയത്തെ ആ ചാതുപർണ്ണയത്വം ഉപദേശിച്ചോലു അത് ഉച്ച നീക്കത്വങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ ചാതുപർണ്ണയോളം ഉപദേശിക്കുന്നുണ്ട് അതിന് ആത്മതത്വമായിട്ട് യാതൊരു ബന്ധമില്ല ആത്മതത്വം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും കണ്ടില്ല എന്ന് കടിക്കുക എന്ന് പറയുന്നതൊക്കെയാണ് പ്രശ്നം ഇത്രയും പറയുന്ന സർ കാര്യം കഴിഞ്ഞ സോലാണ് ഇവിടെ നിന്നു എടുത്ത് വന്നു പറഞ്ഞു എന്താണ് വ്യാധവിണം അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞു വിതുരൻ ദുരിതരാഷ്ട്ര ധർമ്മം ഉപദേശിച്ചു ആത്മവിദ്യ ഉപദേശിച്ച അതിനധികാരി എന്ന് ആവരുത്തി അപ്പൊ അങ്ങനെയാണെങ്കിലും വ്യാധരൻ ഉപദേശം എന്നാണ് വ്യാധൻ എന്ന് പറയുന്നത് സൂദ്രനല്ല വ്യാധനങ്ങൾ ഉപദേശിച്ചത് ഒരു വ്യക്തിയോട് പറയേണ്ട കാര്യമില്ല എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയേണ്ട കാര്യമാണ് ഇതൊക്കെ മഹാഭാരതം വായിക്കാത്തവർ പറയുന്നത് അതുപോലെ മഹാഭാരതം വായിച്ചിട്ട് അതിന് ദുർവ്യാഖ്യാതെ ചെയ്യുന്നവർ പറയുന്ന വ്യാധൻ ഉപദേശിക്കുന്നതും അതില് ഈ പറയുന്ന ജാതകപർണ്ണയമാണ് ഗീതയിൽ വ്യാദഗീതയിൽ ഉപദേശിച്ചത് ആത്മാവ് നശിച്ചാലാണ് ഇങ്ങനെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ വളരെ കുറച്ച് അതിന്റെ തൊണ്ണൂറ് ശതമാനവും വ്യാദ ഉപദേശവും ജാതി സമ്പ്രദായത്തെ കുറിച്ചാണ് പറയുന്നത് ജാതിർ വർണ്ണയത്തെ കുറിച്ചാ ഉപദേശിച്ചത് അതിന്റെ സന്ദർഭം ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രാഹ്മണൻ നല്ല ചോട്ടിയിലും നെൽനിലും പക്ഷികാർപ്പിച്ചു ബ്രാഹ്മണ വേണ്ടി പക്ഷി താഴെ വേണിച്ചത്തും ഇതാണ് മഹാകാലത്തിൽ പറയുന്നത് വേദാധ്യനം ചെയ്ത അതുകൊണ്ടുതന്നെ അയാൾക്ക് ശക്തിയുണ്ട് അയാളുടെ ശക്തിയുണ്ട് അപ്പൊ ഒരു സിദ്ധനാണ് ഏതാധ്യനമുണ്ട് ഒരാൾ സിദ്ധനാണ് പിന്നെ പതിവ്രതയിലും ഇപ്പൊ പതിവ്രത ഇയാൾ ചെയ്ത കൃത്യത്തെ പറയാതെ തന്നെയാണ് ഇപ്പൊ പതിവ്രത സിദ്ധയാണ് പതിവ്രത എന്തുകൊണ്ട് സിദ്ധയായി അപ്പൊ അതുകൊണ്ട് തന്റെ ഭർത്താവിനുശേഷം അപ്പൊ അവിടെ പറയുന്ന ശ്രദ്ധിക്കുന്നു ഒരാൾ വേദാധ്യയനം ചെയ്താൽ അയാൾ സിദ്ധനാകുന്നു അത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണൻ അതുകൊണ്ട് സിദ്ധനാകുന്നു അതുകൊണ്ടാണ് അയാൾ മുന്നോട്ട് നോക്കിപ്പോൾ പക്ഷി താഴെ ഉണ്ട് പിന്നെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനു ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ എന്തു ചെയ്യും സിദ്ധയാകും ഇന്ന് നമുക്ക് മഹാഭാരതത്തിലോ എവിടെയെങ്കിലും കാണിക്കാൻ പറ്റും ഒരു ഭർത്താവ് ഭാര്യ ശേഷിച്ചു ചോദിച്ചിട്ട് സിദ്ധനായ കാണിക്കാൻ പറ്റുള്ളൂ സ്ത്രീകളെപ്പുറം ചിന്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും സ്ത്രീതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നുവരെ ഞാനീ പറയുന്നത് ഉണ്ടാകും ഭർത്താവ് എങ്കിലും ഭാര്യയെ ശുശ്രൂഷിച്ചിട്ട് ശുദ്ധനാവുന്നില്ല ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചു സിദ്ധനാവുന്നു സ്ത്രീയുടെ അടിമത്ത പറയുകയാണ് സ്ത്രീ പുരുഷന് അടിമയായിരിക്കണമെന്നുകൊണ്ടാണ് ഈ ഭർത്തൃശുശ്രൂഷന്നുള്ള പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ എന്തു പറയൂ ഭർത്താവ് ഭാര്യയെ ശുശ്രൂഷിച്ച് സിദ്ധനായെന്നൂടെ പറഞ്ഞാ അവിടെ തുനിഞ്ഞലേ രണ്ടു ശരിയാണ് ശരിയാണെങ്കിൽ ഭാര്യ ഭർത്താവ് ശുശ്രൂഷിച്ച ഭാര്യ ശ്രദ്ധയാവും ഭർത്താവ് ഭാര്യ ശുശ്രൂച്ചാ എന്തെങ്കിലും ഭർത്താവും സിദ്ധനാവും അങ്ങനെ അവരുടെ എഴുതിയിട്ടില്ല പിന്നെ ഭാര്യ എന്ത് ചെയ്യണം ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടേ സിദ്ധ ഒരുപാട് സിദ്ധികളൊക്കെ രണ്ടാമത്തെ സിദ്ധി പിന്നെ ഈ പതിമൃതയെ ചെയ്യുന്നു ഞാന് വ്യാധന പറഞ്ഞു വിടുന്ന ബ്രാഹ്മണനെ പറഞ്ഞു വിടുന്ന വ്യാധൻ അപ്പം ഈ പാതി പ്രത്യം എന്ന് പറയുന്നത് ഇത് സ്ത്രീക്ക് വേണം എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ അതാര് വേണം പുരുഷനും വേണം പുരുഷന്റെ പാതി പ്രത്യത്തെക്കുറിച്ച് എവിടെയിരിക്കുമെന്ന് വായിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നുവെച്ചാൽ അതൊരു സന്ദേശമായി ഒരു ഉപദേശമായി ഈ പറയുന്ന ഏതെങ്കിലും അന്തോ ഏത് ഭാര്യയിലുള്ള പുരുഷന്മാരൊക്കെ ഉണ്ടാവും അതെല്ലാം അധികം പറയുന്നു പക്ഷെ അതൊരു സന്ദേശമായിട്ട് ഈ പാതിവൃത്തിയത്തെ കുറിച്ച് പറയുന്നത് പോലെ എന്താണോ പാതി വൃത്യം അത് അതുപോലെ പറയുകയാണെങ്കിൽ ഭാതൃവൃത്യം പറയും അങ്ങനെ ഒരു ഭാതൃവൃത്യം എന്നൊരു വാക്ക് സംസ്കൃതത്തിലുണ്ടോ ഞാൻ ഉണ്ടാക്കി എന്നത് ഇത് വളരെ അപകടപ്പെടിച്ച ഒരു സിദ്ധാന്തമാണ് അങ്ങനെ ഏകപക്ഷീയമായിട്ട് അതായത് ഞാൻ ഒരു ശകലം പറയാം അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം ശരി ഞാൻ ഈ ഇസ്ലാമിക സാഹിത്യവും ഒന്നു കാര്യമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഗുറാൻ അതിന്റെ തസ്വീറുകളും ഇതെല്ലാം വ്യാഖ്യാനങ്ങളും പിന്നെ ഹീസ് ചെയ്യുന്ന വീട് ഉപദേശിച്ചു ഇന്ന് ആർക്കു വേണോ മെറ്റീരിയൽസ് ഇന്ന് ഉപലബ്ധമാണ് നെറ്റിൽ തന്നെ വളരെ രസകരമായ കാര്യം ഇവിടെ കണ്ടിടത്ത് ഒരുപാട് സമ്മാനങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സമ്മാനങ്ങൾ അവിടെയും പറയുന്നത് എന്താണ് ഈ സ്ത്രീയുടെ പാതി ഹൃത്യത്തെക്കുറിച്ച് അവിടെയും പറയുന്നത് സ്ത്രീകൾ എങ്ങനെയൊക്കെ തന്നെ പുരുഷന് ബാധകം എല്ലാ പ്രശ്നങ്ങളും സ്ത്രീതാണ് കൂടിയത് അതായത് സ്ത്രീകൾ അതേ ആശയപൂടെ പുരുഷന്റെ മനസ്സിനെ ഇളക്ക സ്ത്രീകൾ അതുകൊണ്ട് സ്ത്രീകൾ എങ്ങനെ ഇളക്കണമെന്ന് അവളെ പറയുന്നു ചാത്തിൻ്റെ അളങ്കീക്കണം പുരുഷൻ കാണരുത് ഇത് സ്ത്രീകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരോട് പറയുന്നുണ്ട് ശരി ഞങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഇളക്കുന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യാൻ നിങ്ങൾ കണ്ണുകെട്ടി നടക്കുക ചെയ്യുന്നത് പ്രശ്നം തീർന്നുണ്ട് പുരുഷന്മാർ കണ്ണുകെട്ടിയാൽ പോലെയും പിന്നെ അവരുടെ മനസ്സിനെ സ്ത്രീകൾ ഇളക്കും ഇതേ അതിനനുസരിച്ചു പറയുക സ്ത്രീ പുരുഷന്റെ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അത് സ്ത്രീയുടെ കുഴപ്പമില്ല പുരുഷന്റെ പ്രശ്നമാണ് സ്ത്രീയുടെ പ്രശ്നമല്ല അത് സ്ത്രീ മനസ്സിലാക്കുക അവരതിനനുസരിച്ച് സ്ത്രീ പുരുഷന്റെ പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിൽ അത് പരിഹരിക്കാൻ പുരുഷ എന്ത് ചെയ്യണം മാസ്ക് കണ്ണില് മാസ്ക് ഒഴിക്കണം നമ്മൾ ഈ കൊറോണ കാലത്ത് വെച്ച മൂക്കല കണ്ണില് മാസ്ക് ഇട്ട് കണക്കണം അഥവാ പ്രശ്നം പരിഹരിക്കണം അങ്ങനെ ഞാന് ചിന്തിക്കുന്നു സ്ത്രീകൾ ചിന്തിക്കുന്നില്ല ഞാൻ പറയുക ഇതുപോലെയുള്ള ഏർപ്പാടുകൾ ഇതിനകത്ത് എന്തറിയും അപ്പൊ അത് കഴിഞ്ഞപ്പോ ആധിപത്യം അപ്പൊ സ്ത്രീയും അതിപൂർതയായിരുന്നു അശ്വതി ഉണ്ടാവും അതുകൊണ്ട് വ്യാധൻറെ അടുത്ത് പറഞ്ഞിട്ട് ഇനി വ്യാധന്റെ അടുത്ത് കണ്ടോ ഈ വ്യാധൻ എന്താണ് പറയുന്നത് നിങ്ങളൊക്കെ ഒരുപാട് വ്യാദഗീത പ്രസംഗിക്കുന്നവരുമായിരിക്കും ഇന്റെ മതപ്രഭാഷണത്തിലൊക്കെ തട്ടിപ്പിട്ടിട്ടില്ലേ വ്യാദഗീത ആരെങ്കിലും മഹാഭാരതമായിട്ടുണ്ടോ വ്യാധൻ പറയും ഇവിടത്തെ കുറെ സുപദ്ര സന്യാസിമാരുണ്ട് അവർ നിരന്തരം വേദഗീതയെ കുറിച്ച് പറയാറുണ്ട് മഹാഭാരതത്തിന്റെ മഹാത്മ്യമാണ് വ്യാധൻ ആദ്യം തന്നെ പറയുന്നറിയാമോ ഞാനൊരു സുപുദ്രനോട് എന്റെ ജോലി ഇറച്ചി കച്ചവടമാണ് ഇറച്ചി വെട്ടല്ല ഇറച്ചി കച്ച എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്റെ മുൻ തലമ്പുകളൊക്കെ ചെയ്ത തൊഴിലാളം പിന്നെ ഇയാൾ മുമ്പ് ബ്രാഹ്മണനായിരുന്നതും ശാപമുണ്ടായിരുന്നതും വേറെ ഇരിക്കട്ടെ അങ്ങോട്ട് പോകണ്ട അതെല്ലായിടത്തും വരും ഏതെങ്കിലും ഈ പറയുന്ന അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് ഏതെങ്കിലും ഒരു താഴ്ന്ന കാലക്കാരിൽ എന്തെങ്കിലും ഗുണം കണ്ടു എന്നെ പറയും അവൻ ഓർ ജന്മത്തിലായാലായിരുന്നില്ല ബ്രാഹ്മണനായിരുന്നെങ്കിലും അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഈ ഗുണം വന്നത് അപ്പൊ ഈ വേദം പറയുന്ന കൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു എന്റെ പൂർവികന്മാര് ചെയ്തിരുന്ന തൊഴിൽ ഞാൻ ചെയ്യുന്നു അതാണ് സ്വധർമ്മം ഇതാണ് ഏതാമെന്നു സ്വധർമ്മം ചെയ്യുക സ്വധർമ്മം എന്നുവെച്ചാൽ കുലത്തൊഴിൽ പാരമ്പര്യമായി ചെയ്തു വരുന്ന തൊഴിൽ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇറച്ചി കച്ചവടമായ ശരി സിദ്ധനാകുന്ന അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ആൾക്കാരെ പഠിപ്പിക്കുന്നത് എന്താണ് എന്താണ് ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിക്കുന്ന പദത്തിൽ പറഞ്ഞ ഒരാളാണ് ആ കുലത്തിൽ ജനിച്ച എല്ലാവരും എന്ത് തൊഴിൽ തന്നെ ചെയ്യണം മീൻ തന്നെ പിടിക്കണം അവന്റെ പുലത്തിലായാലും തന്നെ എഞ്ചിനീയറോ ഇങ്ങനത്തെ വാങ്ങിക്കണം എഞ്ചിനീയറോ ഡോക്ടറോ ആകാൻ പാടില്ല എന്താണ് സനാതനധർമ്മം ഇതാണ് നിങ്ങളെന്നും പ്രചരിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതിന് നേരെ വിപരീതമായി എന്താണ് പറഞ്ഞത് അവനവന്റെ പുലത്തൊഴിൽ ചെയ്യാണ് സ്വകർമ്മം ചെയ്താലെന്താവാം അതിന്റെ പ്രതിഫലം എന്താണ് ഏദ്ധി വലിയ സിദ്ധനാ അപ്പൊ ഇത് പറയുമ്പോ ഈ സിദ്ധിയ മോഹി ചന്തയും ആൾക്കാർ അവന് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യത്തില്ല അവന് അടിച്ചേൽപ്പിക്കപ്പെട്ട തൊഴിൽ തന്നെ ചെയ്തു കുലത്തൊഴിലെന്ന് പറയുമ്പോൾ എന്താണല്ലോ അത് അടിച്ചേൽപ്പിക്കുന്ന നീ ഇന്ന പുലത്തി കുറഞ്ഞുകൊണ്ട് നീ അത് ആചാരിയായിട്ട് ജനിച്ച് ആചാരിപ്പണി ചെയ്യുന്നു നീ മീൻപിടുത്തക്കാരനായി ജനിച്ച് ആ തൊഴിൽ തന്നെ ചെയ്യും ഇതാണ് മഹാഭാരതം പറയുന്നത് അത് ചെയ്തത് പല ഹൃദയജ്ഞാനം പോലെയുള്ള വലിയ വലിയ സിദ്ധികളൊക്കെ ഉണ്ടാകും ഇത് അവിടെ കൊടുക്കുന്ന ഒരു പ്രലോഭനമാണ് ഇറച്ചി കച്ചവടവും ഇല്ലാമുള്ളത് എല്ലാം ഇന്നാണ് ജാതില്ലാതെ എല്ലാവരും ചെയ്യുന്നുണ്ട് അതൊക്കെ ശരിയല്ലേ അതല്ലാതെ ഞാൻ പറയുന്നില്ല പിന്നെ കൂടുതലായിട്ട് ചെയ്തത് എന്താണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കും വ്യാഖം ചെയ്ത മറ്റൊരു പ്രവർത്തിക്കും അത് നല്ലതാണ് മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു പക്ഷെ വ്യാഖൻ ഉപദേശിക്കുന്നത് ഈ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഇത് സാമാന്യധർമ്മമാണ് മനസ്മൃതി പറയുന്നതനുസരിച്ച് ഇതെല്ലാ വ്യാധിക്കാരും ചെയ്യേണ്ടത് ബ്രാഹ്മണനോ ചുഴന്നോ വൈസ്യുന്നു ചൂദനോ ഇത്തരം പ്രവർത്തിക്കുന്നു എല്ലാവരും ചെയ്തു അതിന് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ അവിടെ പ്രത്യേകിച്ച് പറയുന്ന കാര്യം എന്താ ഞാൻ സൂത്രനായതുകൊണ്ട് എന്റെ സ്വകർമ്മം കുലത്തൊഴിൽ ഇറച്ചി കച്ചവടമായതുകൊണ്ട് ഞാനത് ചെയ്യുന്നു അത് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വലിയ സിദ്ധനായി അതുകൊണ്ട് നീ നിന്റെ തൊഴിലെന്താണ് അത് തന്നെ നീ ചെയ്യണം കുലത്തൊഴിലുള്ള തൊഴിൽ ചെയ്യുന്നുണ്ട് നിന്നല്ല അത്യാത്പിക്കപ്പെട്ട തൊഴിൽ ചെയ്യുന്നു നിന്റെ വാസനയോ നിന്റെ താല്പര്യമോ നിന്റെ ഇഷ്ടമോ അനുസരിച്ച് ചെയ്യാൻ പാടില്ല എന്നാണ് കൃത്യമായി മഹാഭാരതം കൊടുക്കുന്ന സന്ദേശം ഇതാണ് ഞാൻ പറയുന്നത് മഹാഭാരതത്തിന്റെ സന്ദേശം ചാതുവർണ്യത്തിന്റെ സന്ദേശമാണ് മിച്ച നീചത്വങ്ങളുള്ള സന്ദേശമാണ് ബാക്കി കഥകളിൽ പല കഥാപാത്രങ്ങളാരിക്കുകയും പല സ്വഭാവശേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ല ഞാൻ ഭീമന്റെ ഉദാഹരണം പറഞ്ഞത് ഭീമന ബുദ്ധിയായും കാണിക്കും ഭീമനജ്ഞാനിയായും കാണിക്കും ഇതൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് സന്ദർഭം സന്ദർഭം പോലെ അതിനൊക്കെ അകർത്തി എടുത്തിട്ട് നമ്മുടെ ചമത്കാര ഭാവങ്ങളൊക്കെ ചേർത്താൽ വിശ്വസിക്കാൻ ദോഷമൊന്നും പക്ഷെ അടിസ്ഥാനമായ എന്നിട്ട് പിന്നെ ഈ ചെല്ലുന്ന ബ്രാഹ്മണനെ ഈ പറയുന്ന വ്യാജം ഉപദേശിക്കുന്ന മുഴുവൻ വീണു ബ്രാഹ്മണൻ എന്തു ചെയ്യണം ക്ഷത്രി ഇതാണ് പറയുന്നത് എന്നിട്ട് പിന്നെ പറഞ്ഞുകൊടുക്കുന്ന എന്താണ് ഈ ബ്രാഹ്മണൻ സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കാതെ വേദം പഠിക്കുന്നതിന് വേണ്ടി വീട് കൊട്ടുപോയി വേദം പഠിച്ച് അപ്പോ പറയുകയും അത് തെറ്റാണ് നീ വീട്ടിൽ പോയി എന്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കും അപ്പോൾ ഒരു സാമാന്യധർമ്മം എന്നുള്ളതിലേക്ക് അത് അംഗീകരിക്കാം കാരണം അത് എല്ലാ വർണ്ണങ്ങളും ചെയ്യേണ്ട കാര്യമാണ് ഏതെങ്കിലും ഒരു വർണ്ണത്തിൻ്റെ ആൽ അതുകൊണ്ടാണ് പറയുന്നത് ബ്രാഹ്മണനോടും പറയുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിച്ചു വ്യാധരി അത് ചെയ്തു കാണിക്കും പക്ഷെ അത് സാമാന്യധർമ്മം എന്ന് പറയുന്നത് ഏത് കാലവും എല്ലാവർക്കും സ്വീകരിക്കാമെന്നുള്ള കാര്യമാണ് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നതിനല്ല കുലത്തൊഴിൽ ചെയ്യുന്നത് ഈ ബ്രാഹ്മണൻ പക്ഷി എന്നോട് ഇപ്പോൾ എന്നോട് താഴെ അയാളുടെ കുലത്തൊഴിലാണ് വേദാധ്യയനം അപ്പൊ അതിന്റെ ശക്തിയെ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേദാധ്യയനം കൊണ്ട് ധർമ്മവർച്ചസ്സമുണ്ടായി ശക്തിയുണ്ടായി അതുകൊണ്ട് തപശക്തി തപശക്തി എന്നൊക്കെ പറയുന്നില്ല ആൾക്കാരും അല്ലാതെ ആൾക്കാർ ധരിക്കുന്ന പോലെ ഈ വ്യാഖിയിലെ ഈ ഭഗവാൻ അച്ഛനോട് ഉപയോഗിക്കുന്ന കർമ്മയോഗവും പോലെ സാധനമാണ് പറയുന്നില്ല വേദഗീതയിൽ എന്നോടാണെന്ന് പറഞ്ഞ വ്യാധഗീതയിലെ കർമ്മയോഗമാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ശരിയായ കർമ്മയോഗം അവിടെ കർമ്മയോഗത്തെ കുറിച്ച് ഒരാക്ഷരവും പറയുന്നില്ല മറിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത് സ്വധർമ്മത്തെ കുറിച്ച് ശൂട്ടന്റെ ധർമ്മത്തിൽ ഞാൻ എന്ന പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന സന്ദർഭമെന്നാണ് ഞാൻ പറയുന്നത് എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോഴാണ് അങ്ങോട്ട് പോയത് എന്ത് ചോദ്യം ആ മഹാഭാരത സന്ദേശം അപ്പൊ ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല നിങ്ങള് ധരിച്ചിരിക്കുന്ന സന്ദേശവും ഞാൻ പറഞ്ഞത് മഹാഭാരതത്തിന്റെ വ്യാഖ്യാനം എല്ലാം അറി എഴുതിയിരിക്കുന്നവരാണ് അവിടെ പ്രത്യേകം മനസ്സിലാവും അപ്പൊ ഇനി ഇവിടെ കക്ഷീരത്തിലേക്ക് വിജയന്റെ കൊടിയിൽ ഞാൻ ഇരുന്നു കൊണ്ട് അല്ല അതിനു മുമ്പ് തന്നെ ഹനുമാൻ പറയും നിനക്കെന്താ വേണ്ടത് ആ ദുര്യോധനെ പിടിച്ചു കണ്ട് ഞാനിപ്പോ എന്റെ മുമ്പ് കൊണ്ടുവരാം രാജ്യം നിങ്ങൾക്ക് മടങ്ങിത്തരാം അതിനു വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എനിക്ക് നിസ്സാരമാണ് ഒരു കാര്യം കൂടെ അവിടെ ഹനുമാൻ പറയുന്നുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാമായണവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ ഇത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ പറയുന്നു ഞാൻ ആ ലങ്കിൽ പോയി എല്ലാം അടിച്ചത് എനിക്ക് ഒറ്റയ്ക്ക് ആ രാവണനെ നിഗ്രഹിച്ചിട്ട് സീതി കൂട്ടുവരാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നു അതിന് രാമൻ അവിടെ പോയിട്ടൊന്നും ചെയ്യണ്ട യാതൊരു ആവശ്യമായിരുന്നു ഹനുമാൻ പറയുന്നു പിന്നെ എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല അത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അത് രാമന്റെ കീർത്തിക്ക് വേണ്ടി കാരണം രാമൻ ചെയ്തു അതിന്റെ ക്രെഡിറ്റ് രാമന് പോകണം രാമണനെ കൊന്നെ അത് എനിക്ക് അസാധ്യമായ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഇത് രാമന് സ്വയം പറയുന്നുണ്ട് സീതേണി എന്നെ പറയുന്നുണ്ട് ഞാനേ ആ രാവണനെ കൊന്ന് നിന്നെ പിടിച്ചോണ്ട് വന്നത് നിന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നുമില്ല വിനയോ എന്റെ കീർത്തിക്ക് വേണ്ടി ഞാനത് ചെയ്ത ഇപ്പം നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നതും എന്തിനു വേണ്ടി എന്റെ കീഴ് കയറി കാരണം ഈ ഒരു കഥാപാത്രത്തെയാണ് ഞാൻ മത്സിക്കുന്നത് മനസ്സിലായത് അല്ലാതെ ഒരാളുടെ ഹൃദയത്തിലിരിക്കുന്ന രാമനെന്ന് പറഞ്ഞ ഈശ്വരനെയല്ലേ അതാണ് ഞാൻ ചെറുതിരിക്കുന്നത് വിവരദോഷികളോട് എട്ടു പറഞ്ഞാൽ മനസ്സിലാകാത്തത് തലയ്ക്ക് അറത്തില്ല എന്നാലും പറയുക എന്റെ കഥയിരുത്തായി പോയത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൗകര്യ യാത്രായ ബന്ധുവരും അവരും ഇതാണ് ഞാൻ ആ കൊടിയുടെ പുറത്തിരുന്നു ഇരുന്നുകൊണ്ട് ഗർജിക്കും ഞാൻ കൊല്ലത്തുനിന്നുമില്ല എന്റെ കളിക്കത്തേ ഇരുന്നോട്ടെ എന്റെ അവരെ ഭയപ്പെടുത്തും ഹനുമാൻ ഞാൻ ചെയ്തു ഇപ്പോഴാണ് കൃത്യം അവസാനിക്കുന്നത് അപ്പൊ ഹനുമാൻ അവിടെ താടി പോവുകയും രഥത്തിൽ തീപിടിക്കുകയും ചെയ്തു അതെല്ലാം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സ്വരൂപദർശന സന്ദർശന മാത്രേ രക്ഷ രൂപരേഷ സംക്ഷോഭം ചൂചിക്കും ലങ്ക ലഹന മാനനധ്വജ രൂപം കണ്ടാൽ തന്നെ എന്ത് ചെയ്യും ഭയം വേറുകാര്യം കൂടെ ഈ വടക്കേന്ത്യത് ക്ഷേത്രങ്ങളിൽ ഹനുമാന്റെ പ്രതിമ വച്ചിട്ടുണ്ടോ ഹനുമാന്റെ പ്രതിമ പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഹനുമാന്റെ പ്രതിമയ്ക്ക് എന്താ കളറ് വടക്കേന്ത്യയിലൊക്കെ പോയിട്ടുള്ളതല്ലേ എന്തായിരിക്കും കളർ എല്ലായിടത്തും ഹനുമാന്റെ പ്രതിമയുടെ കളറിന്റെ ചുവ ചുവപ്പാണത് എന്നുവച്ചവര് ചിച്ചു കാരണം അത് ഈ മഹാഭാരത്തെ പറയുന്നത് നീന്തെന്ന് ഹനുമാനം കണ്ടപ്പോ കണ്ട ഒരു ചമ്പിച്ച ഹനുമാനം ഒരു ചോന്നത് എന്ന് വെച്ചാൽ അത് ചമ്പിച്ചെന്ന് പറയുന്നത് പ്രായം കൊണ്ട് തലമുടിയൊക്കെ തലമുടി നരച്ച് ഒരു പ്രയോഗം കണ്ടി ചിപ്പിക്കുന്നു ഇതൊരു പ്രയോഗം ഉണ്ടെന്ന് എന്താ എന്ന് പറയും നിങ്ങൾക്കറിയാനായിരിക്കും അറിയില്ല പക്ഷെ മുടി ഇങ്ങനെ ചോദിക്കും ഇത് സ്വയം തന്നെ ഹനുമാന്റെ മുടി അങ്ങനെയാണ് പ്രായങ്ങൾ ചിന്തിച്ച തുടർ അതുകൊണ്ടാണ് ഹനുമാൻ വടക്കേന്ത്യയിലെല്ലാം എണ്ണ കുങ്കുമ ശരിക്കുള്ള കുങ്കുമല്ല അത് ഒരു കളറും ചേർത്ത് കുഴച്ച് വിരഹത്തിൽ മുഴുവൻ തേച്ചു ഇനിയും കുറച്ച് തരാം ആ പണിയായിരുന്നു അവിടെ ചെന്നു ഇത് കോഴിച്ചിരിപ്പൊ അതിന് താത്മികതാണെന്ന് ഞാൻ ഊഹിക്കുന്നു മഹാഭാരത രീതിയില എന്റെ ഊഹം പക്ഷെ മഹാഭാരത്തിൽ ഹനുമാൻ ചമ്പിച്ചിരുന്നു എന്ന രീതിയിൽ അതാണ് ലങ്കാദഹനമാനനം കണ്ടാൽ തന്നെ ആൾക്കാർ ഭയക്കുന്ന രൂപമാണ് എന്നാണ് അതുകൊണ്ടാണ് ലങ്കാദഹനം ലങ്കാ ദഹനം എന്നുള്ള കാര്യം സൂചിപ്പിച്ചത് കാരണം അക്ഷരാർത്ഥത്തിൽ തന്നെ ഹനുമാൻ ജന്മതയും ലങ്ക ലങ്കാദാനന്ദജഹ അതാണ് യുദ്ധം ചെയ്യാൻ തയ്യാറായി ഉള്ള യുദ്ധരാഷ്ട്ര പുത്രന്മാരെ കണ്ടിട്ട് ലങ്കാദഹന ചീതമാനരൻ കൊടിയടയാളമായിട്ടുള്ളവനായ ആ അർജുനൻ പാണ്ഡുദര പാണ്ഡവൃതനായ അർജുനൻ ഞാനുസരിക്കലിന്റെ സാന്നിധ്യം അങ്ങനെ പോവുകയാണ് അപ്രച്യുത സ്വഭാവപ്രതിപാദക അച്യുതപദിപനായ ജ്ഞാനം ഇത്യാദികൾ ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരാണ് അച്യുതൻ അച്യുതൻ ആകാത്തവൻ ആ ആശയത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതാണ് ജ്ഞാനാശ്വസി അപ്രഖ്യുത സ്വഭാവ പ്രതിപാദിക അപ്രച്വഭാവം ഒരിക്കലും ചുതി മാറ്റം നാശം ഇളക്കം ഒന്നും സംഭവിക്കാത്തതായ ആ സ്വഭാവം ആൻഡ് പ്രതിപാദകർ പിന്നെ മഹാഭാരതത്തിൽ ഈ അർജുനന് ഇങ്ങനെയുള്ള എന്താണ് കർമ്മയോഗത്തിന്റെ സമത്വം നിസ്സംഗത പോലെയുള്ള പ്രത്യേകതയെ കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ശ്രീകൃഷ്ണൻ കാണിക്കുന്നുണ്ട് അതുണ്ട് ഉപദേശിക്കുന്നയാളെല്ലാം അതെല്ലാം കാണിക്കുന്നുണ്ട് ഏട്ടയാളിലെല്ലാം കാണാൻ അതാണ് ഇവിടെ പറയുന്നത് അപ്രച്യുത ഇളക്കമില്ലാത്ത ആദ്യം മൂലം അവസാനം സ്വഭാവം കഥാപാത്രമായിട്ടാണ് ശ്രീകൃഷ്ണൻ കാണിക്കുന്നത് അത് മാതൃകയാണ് മനസ്സിന്റെ സമചിത്ത സ്വഭാവത്തിൽ കൊടുക്കുക അച്യുതപദ അഭിപ്രേത അച്യുതൻ എന്ന് പറയുന്ന പദത്തിന്റെ ആശി അഭി അഭിപ്രേത അത് പ്രകടമാക്കുന്നതിനാണ് അച്യുതൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ഉപദേഷ്ട ഇവിടുത്തെ ഗുരു ഞാനിരിക്കുക ആദ്യം അനുഭവിക്കാം വിടെ ഞാന ശക്തിയുടെ ഐശ്വര്യ വിനാം പറഞ്ഞു പിന്നെ എന്നാൽ പറയാൻ കാരണം പറയും ഋഷി എസ് എസ് എത്തിനോട് വിശദമായി ചേർക്കാനുള്ള അതൊരു സങ്കരായ വ്യാഖ്യത് ഋഷി കാണാം ഇന്ദ്രൻ ഋഷി വന്നു വെച്ചാൽ കുറച്ചുകൂടി വിശദമായി കഴിഞ്ഞാൽ രൂപപ്പെട്ട വ്യാഖ്യ പരാവര ലിഖിത ജന ആന്തരബാഹ്യകർമാനാം സർവപ്രകാര ഗവനെ അവസ്ഥിതം അവിടെ നേരത്തെ പറഞ്ഞ ജ്ഞാനം ശക്തി ബലം ഐശ്വര്യം വീര്യം തേജസ് ദൃതം മുമ്പ് വന്നാണ് കൊണ്ടുകൂടെ അത് വ്യാഖ്യാനിക്കുന്നത് ഇതിൻ്റെ എല്ലാം നിധിയാണ് ഭഗവാൻ ഇതെല്ലാം ഭഗവാന് വേണ്ടുവോളം ഉള്ളതുണ്ട് ജഗത് ഉദയം ഗവലയ ലീലം ഇത് മുമ്പ് പറഞ്ഞാണ് സ്വസങ്കല്പം കൊണ്ട് തന്നെ ഇത് സംഭവിച്ചു ജഗത്തിന്റെ ഉദയം അതിന്റെ സ്ഥിതി ം ഇതെല്ലാം ഒരു ഇല പോലെ ചെയ്യുന്നതാണ് ഈശ്വരൻ അതാണ് ഋഷി വേസൻ അതാണ് അടുത്ത് പറയുന്നത് പരാമര നിചിത ജന ആന്തര ബാഹ്യകർണാനം സർവപ്രകാര നിയമനെ അവസ്ഥിതം ആശ്രിതവാത്സല്യ വിവശത്തയ സ്വസാരഥ്യവസ്ഥിതം എന്തുവാ അവിടെ പറയുന്നു സൃഷ്ടിയാധികം വീര്യാധികം കർവരക്ഷിതം ജ്ഞാനാധികം അഭി ഋഷിശബ്ദ ഋഷി കേസൻ പറഞ്ഞാൽ അതിന് വിപുലമായ അർത്ഥമുണ്ടെന്ന് എന്താണ് സൃഷ്ടിയാധികം അത് ഋഷീയ ശബ്ദത്തിന്റെ അർത്ഥമാണ് വീര്യാധികം എന്നിവ അത് ഋഷികേശബ്ദത്തിന്റെ അർത്ഥമാണ് അതിനോട് മനസ്സിലാക്കേണ്ട ജ്ഞാനാധം ജ്ഞാന ശബ്ദത്തിൽ ഐശ്വര്യം ഇതെല്ലാം ഷിക ശബ്ദത്തിന് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞിട്ട് വേദാന്ത ദശനം ഇനി അത് വിശദീകരിക്കണം അവിടുത്തെ യഥോക്തം അഹർബുദ്ധിയ സംവിധായ വളരെ പ്രാചീനമായ വൈഷ്ണവ സുഹൃത അഹർബുദ്ധിനെ സംവിധാനം മരണത്തിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശ്വസീകരി പറയും വൈഷ്ണവസ്ത്രീതയാമീഷ്ടം സ്ഫുടം അവിതയാോ ഇവതന്ത്രയോഗേണ നിത്യം സൃഷ്ടിയതികർമ്മി ഐശ്വര്യം ഋഷിരേഷത് ശങ്കരാചാര്യ വിഷയവൈശബ്ദത്തെ വ്യാഖ്യാനിച്ചും വളരെ വിപുലമായി കുറച്ചുകൂടി ഈശ്വരീയമായി ആ ഒരു വിദ്യാഭ്യാസം സ്വീകരിക്കുന്നു വിശദീകരണം കൊണ്ടും അത് കുറച്ചുകൂടി ഈശ്വരീയതയാണ് ഈശ്വരഭാവം പ്രകടമാകുന്ന ഒരു വിശദീകരണം